പരമഹംസ മന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ബാക്കി പറയുന്നതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾക്ക് സമാധാനം ഒരു ചോദ്യം ഇതാണ് ഈ ദശനാമ പരമ്പരയിൽ പ്രായണ ശൈവ പൂജയാണ് ശൈവ പരമ്പര ആണത് ശിവമന്ത്രവും ഒക്കെയാണ് അപ്പൊ പിന്നെ അവരുടെ അഭിവാദന മന്ത്രം അത് ഓം നമോ നാരായണായ എന്നെങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പൊ അത് സന്യാസ പരമ്പര നാരായണ ഋഷിയിൽ നിന്ന് തുടങ്ങി സന്യാസ പരമ്പരയുടെ പരമഗുരുവാണ് നാരായണ യക്ഷിതുമോ നാരായണായു പറയും ഒരു സമാധാനം മറ്റൊന്നും സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണോ ഏത യാതെന്നതൊക്കെ ഹരി നാരായണ തത്വം അനുസരിച്ച് എല്ലാം നാരായണനാണ് അപ്പോൾ ഇവിടെ നാരായണനെ പരമാത്മാവായിക്കൊണ്ട് നമസ്കരിക്കുന്നു അങ്ങനെ രണ്ട് സമാനം പറയുന്നു പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ശ്രാദ്ധം അഷ്ടനാന്തീമുഖ ശ്രാദ്ധത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കുന്നു കാരണം അതിൽ പലർക്കും കൺഫ്യൂഷനുണ്ട് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ പിതൃശ്രാദ്ധം മാതൃശ്രാദ്ധം ആത്മശ്രാദ്ധം എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞതാണ് എന്നാലും ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് പലർക്കും ഒരു സംശയം അതുകൊണ്ടൊന്നുകൂടെ അത് പറയാം അതിൽ അത് ആ സംശയം മാറണമല്ലോ ഒന്നോ ദേവശ്രാദ്ധം എന്ന് പറയുമ്പം ദ്വാദശാദിത്യന്മാര് അഷ്ടവസുക്കള് ഏകാദശ രുദ്രന്മാർ ഇവര് ഇതാണ് ദേവതകൾ ദേവശ്രാദ്ധത്തിന്റെ ദേവതകൾ ഇവരാണ് ബാക്കി പിന്നെ ശ്രാദ്ധകർമ്മം ചെയ്യുന്നവർ ചെയ്തോളു ദേവതകളെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് സങ്കല്പം പറഞ്ഞ് ശ്രാദ്ധ ചെയ്തോളും ഇനി സന്യാസ പദ്ധതിയിൽ തന്നെ ഇത്രയും പേർക്ക് പകരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ദേവതകളാക്കിയാലും മതി എന്നും ഉണ്ട് അതൊരു പക്ഷാന്തരമാണ് അങ്ങനെയും ചെയ്യാം എന്നാണ് ഇത് സന്യാസ പദ്ധതിയിലെ ശ്രാദ്ധത്തെക്കുറിച്ചാണ് മറ്റു സാധാരണ ശ്രാദ്ധം എന്താ ദിവ്യ ശ്രാദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ഹിരണ്യഗർഭൻ വൈശ്വാനൻ ആ ദേവതാ സങ്കല്പത്തിലാണ് ശ്രാദ്ധം മനുഷ്യ ശ്രാദ്ധം എന്ന് പറയുമ്പോൾ സനകൻ സനന്ദൻ സനാതനൻ കപിലൻ പഞ്ചസിഹൻ ആസുരി തുടങ്ങിയവരാണ് അവരെയൊക്കെ മനുഷ്യ ശ്രാദ്ധത്തിൻ്റെ ദേവതകളായിട്ടാണ് മാനുഷകം എന്നും പറയുന്നുണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഈ ഭൂതശ്രാദ്ധം ഇതാൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു ഭൂതശബ്ദത്തിന് പ്രാണികളെന്നർത്ഥമുണ്ട് ഭൂതയജ്ഞം അവിടെയൊക്കെ പ്രാണി എന്നാണ് അതുകൊണ്ട് ഭൂതശ്രാദ്ധം എന്ന് വെച്ചാൽ ഉറുമ്പുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് അതബദ്ധമാണ് ഭൂതശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പഞ്ചഭൂത ദേവതകൾ തന്നെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ അത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ദേവതകളെ സങ്കല്പിച്ച് ശ്രാദ്ധ ചെയ്യുന്നതാണ് അല്ല ഉറുമ്പിന് തീറ്റ കൊടുക്കുന്നതല്ല ശ്രാദ്ധം പൂർത്തിയാകുന്നതിന് മുമ്പ് ഹവീസ് ഉറുമ്പ് തിന്നുകഴിഞ്ഞാൽ അതിനെ എടുത്ത് കുഴിച്ചിട്ടിട്ട് പുതിയ ഹവീസ് ആദ്യം മുതലേ തുടക്കണം അതുകൊണ്ട് ഇനി ശ്രാദ്ധം നടത്തുമ്പം ഉറുമ്പിന് കൊടുക്കരുത് ഉറുമ്പ് തിന്നാതെ അപ്പോൾ ദേവശ്രാദ്ധം ദിവ്യശ്രാദ്ധം മനുഷ്യശ്രാദ്ധം ഭൂതശ്രാദ്ധം അപ്പൊ അതിൽ ഈ ഭൂതശ്രാദ്ധത്തിന്റെ കാര്യത്തിലാണ് സംശയം വരുന്നത് ബാക്കിയെല്ലാം ഓക്കെ പിന്നെ പിതൃശ്രാദ്ധം ദേവശ്രാദ്ധം മാതൃശ്രാദ്ധം പിതൃശാബ്ദം മാതൃശാബ്ദം ആത്മശ്രാദ്ധം ആത്മശ്രാദ്ധേ ദേവതാ തു പരമാത്മാ പ്രകീർത്തി ധർമ്മസംഗ്രഹത്തിൽ പറയുന്നു ആത്മശ്രാദ്ധത്തിൽ ദേവത എന്ന് പറയുന്ന ആരാണ് പരമാത്മാ ആത്മശ്രാദ്ധേ ദേവതാ തു പരമാത്മാ പ്രകീർത്തിത കാണാതെ പിടിച്ചു വെച്ചു അപ്പോൾ അവിടെ പരമാത്മാദേവതയ്ക്കാണ് ശ്രാദ്ധം ചെയ്യുന്നത് ഇനി പിതൃശ്രാദ്ധത്തിലാണെങ്കിലോ പിതൃശ്രാദ്ധേ കവ്യവാട്ട് എന്ന് വെച്ചാൽ ഒരു പിതൃ അനല സോമോ അര്യമ കവ്യവാട്ട് അനലൻ സോമൻ അരിയമാ അഗ്നിഷ ബർഫിഷതഹ സോമപാശ്ചേവദേവതാഹ അവിടെ ഏവകാലം പറഞ്ഞ് ശ്രദ്ധിക്കണം ഇത്രയും പേരേ ഉള്ളൂ ദേവതകൾ ഞാൻ ഈ പാട്ടുകൂടെ കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് വീസി ചേറി പത്രം വായിച്ചുകൊണ്ട് കൊടുക്കുന്ന തന്തപ്പൊടിയാനൊക്കെ ഒന്ന് കരഞ്ഞ് ശ്രാദ്ധവും നടത്തി വേണ്ട കോലാഹലങ്ങളുണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ആർക്കൊക്കെ കവ്യപാട്ട് ആനലൻ സോമൻ അരിയമ്മ അഗ്നിശ്വത ബർഫ്വിഷത സോമപ്പാ ഈ ദേവതകളെ പിതൃദേവതകളെ ഇവരെ പിതൃക്കുലോ എന്നും പറയും സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ശ്രാദ്ധമാണെന്ത് ഇനി പാവം അമ്മച്ച് വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണം അവരൊക്കെ ഒന്ന് ശ്രാദ്ധം നടത്തി കരയേണ്ട യാതൊരു കാര്യമില്ല അവരവിടെ ജീവിച്ചിരുന്നോട്ടെ ചെയ്തത് പോയത് ചെയ്ത് പോകട്ടെ ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് നടന്നേക്കാളുന്നത് ഞാൻ പറഞ്ഞെന്തോ ഇവിടെ എന്ത് ചെയ്തു എന്നോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് ശാസ്ത്രം ഇതാണ് ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ അഹന്ത അതിന് നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈഗോ വരിച്ചേ അയാൾ പറഞ്ഞു നമ്മൾ ഇതിനക അതുകൊണ്ട് ഇത് ശാസ്ത്രമാണ് ഞാനത് വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ഞാൻ ആരുമാണ് ഇനി മാതൃശ്രാദ്ധം ശ്രദ്ധിച്ചു കേട്ടോളൂ തൽക്കാലം അമ്മച്ചി അങ്ങ് വിടണം പാവം ഗൗരി പത്മ ശശി മേധ സാവിത്രി വിജയ ജയാ ദേവസേന സ്വധ സ്വാഹ മാതൃശ്രാദ്ധേഷുദേവതാ വ്യക്തമായല്ലോ ആരൊക്കെയാണ് ദൂരി പത്മ ശചി മേധ സാവിത്രി ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ വിജയ ജയാവസേന സ്വധാ സ്വാഹ മാതൃശ്രാദ്ധ്യേഷു ദേവതാ ഈ ദേവതകളെ സങ്കൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ മുമ്പിലെ ബലിയിട്ട് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ശ്രാദ്ധം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും അവർക്ക് ഇതൊന്നും അറിയാമോ അവർക്കെന്തോന്ന് ദശനാമം എന്തോന്ന് സന്യാസം അവർക്കിതിനെ കുറിച്ചൊന്നും ബോധമുള്ളവരല്ല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ബോധമുള്ള ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരി ബോധമുള്ള ആരെന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ചിട്ടാണോ അല്ല അങ്ങനെയൊന്നും നിങ്ങൾ ഭ്രമിച്ചു കളയാ എന്നോട് ചോദിച്ചാലും ഞാൻ പറയത്തില്ല ഇതിപ്പോ ഇങ്ങനൊരു സന്ദർഭത്തിൽ ആ ശാസ്ത്രത്തെ വിശദീകരിക്കേണ്ടി വന്ന് പറഞ്ഞേ ഉള്ളൂ അത് വ്യക്തമാണ് കാരണം ഇവിടെ കുറച്ച് മുമ്പ് ഒരു സന്യാസിനി സമാധിയായപ്പം ഇവിടുന്ന് എന്നോട് ചിലരെ കൊണ്ട് ചോദിച്ച് ചോദിച്ചവരെ മുമ്പ് ഇരുപ്പുണ്ട് എങ്ങനെയാണ് സമാധി കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ല എത്രയോ എണ്ണത്തിന് പരലോകത്തിലേക്ക് കെട്ടിപ്പൊതിഞ്ഞിട്ടയാളാണ് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇവിടുത്തെ എന്താണോ സമ്പ്രദായം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഒരു നിർദ്ദേശവും വടക്കോട്ടിലെത്തണമെന്നോ കിഴക്കോട്ടിലെത്തണമെന്നോ യാതൊരു കാര്യവും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് അതൊന്നും അതൊന്നും ഞാൻ കയറി അഭിപ്രായം പറയില്ല ഇവിടുത്തെ ഏതോ ക്ലാഷൊന്നും ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ശാസ്ത്രത്തെ ഞാൻ വിശദീകരിക്കുകയാണ് അതാണല്ലോ എൻ്റെ പണി അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളു എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ബംഗാളിയുടെ പണിയാണ് അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ ഏത് എന്നുള്ളതിലൊന്നും ഞാൻ അഭിപ്രായം പറയത്തില്ല പറഞ്ഞിട്ടുമില്ല പറയാനും ഉദ്ദേശിക്കുന്നു അപ്പോ ഇതാണ് പിതൊരു ശ്രാദ്ധം മാതൃശ്രാദ്ധം ആത്മശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മൂക്ക് പിഴിഞ്ഞ് മോങ്ങിയതെല്ലാം വെറുതെയായി ഒരു കാര്യമില്ലാതെ ഇതിനകത്ത് ഒരു സീനറി ഉണ്ടാക്കാനുള്ള യാതൊരു സംഗതികളും ഇതിനകത്തില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം ഇന്നിത ഇവിടെ മഞ്ഞയൊക്കെ വിടുത്തിരിക്കുന്നവർ ചിലപ്പോൾ വെള്ളക്കാരും എല്ലാം ഭാവിയിൽ സന്യാസധർമ്മത്തെ സ്വീകരിക്കേണ്ടവരാണ് എന്നാണെന്നറിയത്തില്ല അപ്പം ഞാൻ കാണുമെന്നു അറിയത്തില്ല പക്ഷേ ഈ വാക്കുകൾ എന്തായാലും കാണും അത് നിങ്ങൾ സ്വീകരിച്ചാൽ കൊള്ളാം കുറച്ചുകൂടെ എല്ലാം വൃത്തിയായിരിക്കും കുറച്ചുകൂടി വൃത്തിയായി സംഗതികൾ നടക്കും അല്ലെങ്കിൽ ില്ലെങ്കിൽ അത്ര തന്നെ അത് പിന്നെ വിശദീകരിക്കേണ്ടത് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ വേറെ ഒന്നും ഈ പിതൃശ്രാദ്ധത്തിന് പിതാവിന് ശ്രാദ്ധം ചെയ്യുക ആ മാതൃശ്രാദ്ധത്തിന് മാതാവിന് ശ്രദ്ധം ചെയ്യൂ ആത്മശ്രാദ്ധത്തിന് തനിക്ക് ശ്രാദ്ധം ചെയ്യുക പരിപാടി ഇല്ലെന്നല്ല കാരണം ഈ പിതൃശ്രാദ്ധം മാതൃശ്രാദ്ധം ആത്മശ്രാദ്ധമെന്ന് പറയുന്നത് പലയിടത്തും ഇങ്ങനെ ഈ പേരുകൾ പറയുന്നതല്ലാതെ പലയിടത്തും വിശദീകരിച്ചിട്ടില്ല യഥിർമ്മ സംഗ്രഹത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് ശൗനകസ്മൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വിശദീകരിക്കുന്നു പലയിടത്തും അത് വിശദീകരിക്കാത്തതുമുണ്ട് ഈ പറയുന്നത് പോലെ അച്ഛന്റെ ശ്രാദ്ധം അമ്മയുടെ ശ്രാദ്ധം സ്വന്തം ശ്രാദ്ധം എന്ന് ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഈ പിതൃകുലം മാതൃകുലം എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ ഒരർത്ഥം പറയാം പിതാവ് പിതാമഹൻ അങ്ങനെ മാതാവ് മാതാ മഹി പറയാം പക്ഷേ പിതൃകുലത്തിന് ഇങ്ങനെ ഒരർത്ഥവും പറയുന്നുണ്ട് അതായത് വ്യക്തമായിട്ട് പിതൃദേവതകളും മാതൃദേവതകളുമാണ് ആത്മാവ് പരമാത്മാ അപ്പോൾ അത് കാര്യങ്ങൾ കുറച്ചും കൂടെ ഊർജുവാണ് വ്യക്തമാണ് ശാസ്ത്രം പ്രമാണമാണ് ഇനി അത്യന്തം സന്യാസത്തിൻ്റെ ഹേതു എന്ന് പറയുന്നത് എന്താണ് വൈരാഗ്യമാണ് അപ്പോൾ അത്യന്തം വൈരാഗ്യമുള്ളവർക്ക് അതും ചെയ്യാം ദോഷമൊന്നുമില്ല അമ്മയ്ക്കോ അച്ഛനോ തനിക്കോ സഹോദരങ്ങൾക്കോ ആർക്കും വേണമെങ്കിലും ചെയ്യാം അതവിടെ വൈരാഗ്യമാണ് അതൊരു വൈരാഗ്യത്തിൽ അങ്ങനെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നതിന് അതിന് കരയുക മൂക്ക് വീഴുക നിലവ് തിനിക്ക് അതിൻ്റെ കാണത്തില്ല ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സന്യാസ ദീക്ഷ എന്ന് പറയുന്നത് തമാശയല്ല പണ്ട് ബ്രഹ്മചാരി പറഞ്ഞ പോലെ ചപ്പാത്തിയിൽ നെയ്വറെടുത്തിരുന്ന ഒരു സമ്പ്രദായം ഒരു സാധനമല്ല ഇത് അതിനു വേണ്ടിയിട്ടുള്ള അല്ല ഇത് ഇത് വളരെ ഗൗരവമുള്ള സാധനം അപ്പം അവിടെ അത് ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള മനഃചാഞ്ചല്യവും വരാൻ പാടില്ല പിന്നീട് ജീവിതത്തിൽ തുറന്നാലോ അതുകൊണ്ടാണ് പറയുന്നത് മനഃസ്ഥൈര്യം ദൃഢനിശ്ചയം അത് ആദ്യന്തം നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടതൊന്നാണ് സന്യാസ ദീക്ഷ ഇത് നമ്മൾ ഓട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് സന്യാസ ദീക്ഷയിൽ അവസാനമായി ഒരു ചടങ്ങും കൂടെ ഉണ്ട് അതായത് ഗീത വിശ്വരൂപ ദർശന യോഗത്തിൻ്റെ പാരായണം അതും സന്യാസ ദീക്ഷയുടെ ഭാഗമായി പറഞ്ഞിരിക്കുന്നതാണ് അതിലൊരു വിശേഷതയുള്ളത് ആ അധ്യായത്തിൽ മൊത്തം അമ്പത്തഞ്ച് ശ്ലോകങ്ങളുണ്ട് അതിൽ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം മാത്രം അതുവരെയുള്ളൂ എന്നുവെച്ചാൽ നിമിത്തമാത്രം ഭവ സവ്യസായൻ അതുവരെ നിർത്തുന്നത് കാരണം നിമിത്തമാത്രമായി പിന്നീട് സന്യാസി ജീവിതത്തെ കൊണ്ടുപോകും തൻ്റെ പ്രാരബ്ധൻ നിമിത്തമായി ജീവിക്കുന്നു എന്നോ ഈശ്വരൻ നിമിത്തമായി ജീവിക്കുന്നു എന്നോ ഏത് തരത്തിലും അത് വ്യാഖ്യാനിക്കും എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതുകൊണ്ടാണ് ആ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ അവസാനിപ്പിക്കുന്നത് അതും ആ ഒരു ചടങ്ങ് അതൊരു വലിയ അർത്ഥവത്തായ ഒരു കാര്യമാണ് സന്യാസിക്ക് പിന്നെ സ്വന്തമായ പ്രോജക്റ്റുകളൊന്നുമില്ല എല്ലാം എന്താണ് ഈശ്വരൻ്റെ പ്രോജക്റ്റുകളാണ് അല്ലെങ്കിൽ തൻ്റെ പ്രാരബം തനിക്ക് വച്ചിരിക്കുന്ന പ്രോജക്റ്റുകൾ അനുസരിച്ചാണ് പിന്നെ ജീവിതം മുമ്പോട്ടു അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് സന്യാസിയെ സംബന്ധിച്ച് പൊതുവേ പറയാനുള്ളത് ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി പരമഹംസ മന്ത്രത്തെ സംബന്ധിച്ച് ഇപ്പൊ പരമഹംസ മന്ത്രത്തിൽ ഹംസഹസോഹം എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് അത് അച്ചപാമന്ത്രമാണ് അച്ചപാമന്ത്രം എന്ന് പറയുന്നത് ജീവാത്മാവ് സദാ മന്ത്രം അതാണ് അജപാമന്ത്രം എന്ന് പറയുന്നത് സദാ ജപിക്കുന്നു അതിന്റെ സംഖ്യം പറഞ്ഞു ഉണർവിലും ഉറക്കത്തിനും കൂടെ മൊത്തം എത്ര ജപിക്കും എന്നാ പറഞ്ഞത് ആ അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് അപ്പൊ ആ ജപം എന്ന് പറയുന്നത് ഈ ശ്വാസോച്ഛ്വാസമാണ് ഉച്ഛ്വാസ നിശ്വാസാഭ്യം ഹംസ എന്ന് പറയുന്നത് ഹംസമന്ത്രം ഉസ നിശ്വാസങ്ങളിലൂടെ ഈ ജീവൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് നാജപം എന്ന് പറയുന്നത് നമ്മൾ ജപിക്കാതിരിക്കുക എന്നുള്ളതല്ല അതിന് ജപിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ ജപിക്കുന്ന ജീവാത്മാവ ജപം എന്ന് പറയുന്നത് എന്താണ് ഉച്ഛ്വാസ നിശ്വാസങ്ങളാണ് ജപം ഇതിനെയാണ് ഹംസയോഗം എന്നുപറയും സഹജയോഗം എന്ന് പറയും അല്ല ഇതിനെ പറയുന്നതാണ് കാരണം ഇത് സഹജമായി സംഭവിക്കുന്നതാണല്ലോ നമ്മൾ കൃത്രിമമായിട്ട് അവിടെയൊന്നും ചെയ്യുന്നില്ലല്ലോ സ്വയം ഇങ്ങനെ ജീവൻ ജവിച്ചു കൊണ്ടിരിക്കുന്നു അല്ല ഉച്ഛ്വാസത്തിൽ ഹം എന്നും നിശ്വാസത്തിൽ സ പിന്നെ തിരിച്ചും എങ്ങനെ സോ ഹം രണ്ട് രീതിയിലും ജീവൻ പ്രാണന്റെ സഹായത്തോടുകൂടി ജപിക്കുന്നു പ്രാണൻ ശബ്ദം ചിത്തം ഒന്നും പരസ്പരം ബന്ധപ്പെട്ടുകളൊക്കെയാണ് ശബ്ദത്തിന്റെ ഉത്പത്തി സ്ഥാനം ശബ്ദം നാഭിസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട് വൈഖരി എന്നാണ് കണ്ട അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു അത് പുറത്തേക്ക് പോകുന്ന ശ്വാസരൂപത്തിലാണ് ഇപ്പോൾ അവിടെ ശരിക്കും ഉച്ഛ്വാസമല്ല ചിലത്തൊക്കെ ഉച്ഛാസമെന്ന് പറയും പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാണനെയാണ് പ്രാണൻ നാഭിദേശം വരെ സഞ്ചരിച്ചെന്ന് ചേട്ട് അവിടെ നിന്ന് തിരിച്ച് ആ പ്രാണൻ ശബ്ദരൂപത്തിൽ വന്ന് വൈഖരി സ്ഥാനം ഖണ്ഠാതിഥാനങ്ങളിൽ എത്തുന്നതുവരെ നമുക്ക് ശബ്ദത്തെ ഉച്ചരിക്കാനോ ശ്രവിക്കാനോ സ്മരിക്കാനോ ഈ മൂന്നിനും കഴിയത്തില്ല അത് ഉച്ചരിക്കാനും ശ്രവിക്കാനും സ്മരിക്കാനും കഴിയുമ്പോഴാണ് ഈ ജീവൻ ഹംസഹ സോഹം എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ നമ്മളെന്താ കേൾക്കാത്തത് അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നമ്മൾ കേൾക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത് ആ ജപം ഇങ്ങനെയാണ് ഹംസ സോഹമാണ് ഹംസ സോഹം പരമാത്മാന്മയോഹം സച്ചിദാനന്ദ സ്വരൂപവും സോഹം ബ്രഹ്മവും എന്നിങ്ങനെ ജപിക്കുന്നത് അതാണെന്നാണ് അത് ഇത് ഹംസസ്വഹം എന്ന് മാത്രം പറയും വേറെ പല രീതിയിലും അതിനോട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്ത് പറയും ഇതുപോലെയുള്ള പരമാത്മാ തുടങ്ങിയ ശബ്ദങ്ങൾ കൂടി ചേർത്തും പറയും അപ്പോ ഇങ്ങനെയാണ് ഈ ജീവൻ ജപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഗുരു ഉപദേശിച്ചു തരുന്നു പരമഹംസ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല ആ മന്ത്രത്തെ സ്മരിക്കുന്നു സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ജീവന്റെ ജപത്തെ ധ്യാനിക്കുന്നു ഇതാണ് ഇത്രയേ ഉള്ളൂ ഗുരു ഉപദേശത്തെ സ്മരിച്ചുകൊണ്ട് ജീവജപത്തെ ധ്യാനിക്കുന്നതാണ് സഹജയോഗം എന്ന് പറയും സഹജമായി നടക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ രാജയോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും അവിടെ ചിത്തവൃത്തി നിരോധത്തിനാണ് പ്രാധാന്യം പ്രാണായാമം മറ്റും ഉണ്ടെങ്കിലും അതിന് വലിയ പ്രാധാന്യമില്ല അതിന് വിശദീകരിക്കുന്നവരും മുഖ്യമായിട്ട് ചിത്തപിടുത്തി നിരോധം അപ്പോൾ ചിത്തത്തെ നിരോധിച്ചുകൊണ്ട് അവിടെ പ്രാണനെയും നിരോധിക്കുന്നു ഹടയോഗത്തിൽ അങ്ങനെയാണ് അവിടെ പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ പ്രാണനെ നിരോധിച്ചുകൊണ്ട് ചിത്തത്തെയും നിരോധിക്കുന്നു കുംഭകം പൂരകം അന്തക്കുംഭം ബഹി കുംഭം ഇങ്ങനെ ഒരുപാട് അഭ്യാസങ്ങൾ അവർക്കുണ്ട് എല്ലാം പ്രാണനിരോധനത്തിന് വേണ്ടി പ്രാണനെ ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നാർ ഇവിടെ പറയുന്ന ഹംസയോഗത്തിൽ അങ്ങനെയാണ് അവിടെ ചിത്തത്തെയും പ്രാണനെയും സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാനീ പറയുന്നത് ശാസ്ത്രങ്ങളിൽ പറയുന്നതും ഇത് അനുഭവസ്ഥരായ ആചാര്യന്മാർ ബോധ്യപ്പെടുത്തിത്തുന്ന കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് പറയുന്നത് അതുകൂടെയുണ്ട് പുസ്തകം കാണാതെ പിടിച്ച് നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല പുസ്തകത്തിലെല്ലാം ഇല്ലെന്നാൻ അർത്ഥമല്ല പുസ്തകത്തിലെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല അങ്ങനെയൊരു ഉറപ്പുണ്ട് മന്ത്രം നമുക്ക് പുസ്തകത്തിൽ നിന്ന് വായിക്കാം പക്ഷെ മന്ത്രപ്രയോഗം പറ്റത്തില്ല പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ പ്രയോഗം അങ്ങനെ മനസ്സിലാവും ഒരു മന്ത്രത്തിൻ്റെയും പ്രയോഗം മനസ്സിലാകത്തില്ല അത് വേണമെങ്കിൽ പുസ്തകത്തിൽ ഇന്ന് വായിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം പക്ഷേ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രയോഗം കൂടി പറയും തന്ത്രശാസ്ത്രത്തിൽ ഇത് അർദ്ധനാരീശ്വര ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ദേവത അർദ്ധനാരീശ്വരനും പക്ഷെ ഇവിടെ പരമംസ സന്യാസി ഇതിനെ ഉപയോഗിക്കുന്നത് തത്വസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ തത്വനിശ്ചയം വന്നവനും അതിന്റെ ആവശ്യവുമില്ല അത് വേറൊരു കാര്യം എല്ലാ ഉപാസനകളുടെയും ലക്ഷ്യം എന്ന് പറയുന്ന സമാധി തന്നെ ഇതിൻ്റെയും ലക്ഷ്യം സമാധിയാണ് ചിത്തത്തിൽ മന്ത്രത്തെ സ്മരിക്കുക എന്നിട്ട് ഈ ജീവജപത്തിൽ സോഹം എന്നുള്ള അത് സോഹമാണല്ലോ അത് സോഹമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നത് അപ്പോൾ പ്രാണൻ ഗതി മന്ദീഭവിക്കും അപ്പോൾ പ്രാണന്റെ ഗതി മന്ദീഭവിച്ച് പ്രാണനെ രുദ്ധമാക്കുന്ന ഒരു സമ്പ്രദായമാണ് പ്രാക്ടീസ് ചെയ്യും ഇതെല്ലാം കെട്ടുമണഞ്ഞ് കിടക്കാനുണ്ട് പ്രാണനും ചിത്തവും ശബ്ദവുമല്ല അപ്പം ചിത്തവും രുദ്ധമാകുന്നു അപ്പം സമാധി സംഗതികളും ചെയ്തു നോക്കുക അനുഭവസ്ഥെന്ന് പറയുന്നത് ഒരു ദിവസം മതിയുന്നു പരിശോധിച്ചു നോക്കുക പക്ഷെ അതിന് സന്യാസം വേണം അതവരത് സന്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജും എല്ലാം മനസ്സിൽ നിന്ന് കളയണം ഇതെല്ലാം കൂടെ ഒത്തുപോകത്തില്ല അതിന് നല്ല കർമ്മയോഗമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണം ഇതിനെല്ലാം കൂടെ ഒത്തുപോകും തൽക്കാലത്തേക്ക് മതിയോ സ്ഥിരം വിടണ്ട സ്ഥിരം വിട്ടാൽ ഡിപ്രഷൻ വരും തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് ഒരു ദിവസം ആ ഒരു ദിവസത്തേക്ക് വിടാൻ പറ്റുമെന്ന് നോക്കുന്നു പിന്നെ എല്ലാം പഴയതുപോലെ പിന്നെല്ലാം വിടുക അതാണ് സന്യാസം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് പോണം ഭക്ഷാലം പറയുന്നു മനസ്സിൽ നിന്ന് പോയാൽ പിന്നെ ശരീരത്തിൽ നിന്ന് പോകും സ്വസ്ഥമായിട്ട് പിന്നെ വാങ് മൗനം കൂടിയുണ്ടെങ്കിൽ നല്ലത് വാങ്മൗനം എന്ന് പറഞ്ഞാൽ ശരിക്കും വാങ് മൗനമായിരിക്കും എപ്പോ വന്ന് എപ്പോ പോകുന്നതാണ് ഇതൊന്നും പാടില്ല പോഖറി കാണിച്ച് അപ്പം പിന്നെ മനസ്സ് മനസ്സിൽ വാക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും വാങ്മൗനത്തിൽ അത് പാടില്ല കഴിയുന്നത്ര വാക്കിനെയും നിരോധിക്കുന്നു കഴിയുന്നത്ര മന കഴിയുന്നത്രന്നേ പറയുന്നു കോക്കറി കാണിക്കരുത് അത് പ്രധാന പ്രധാനപ്പെട്ടതായി പിന്നെ എഴുതി കാണിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മൗനത്തിലില്ല മൗനം എന്ന് വെച്ചാൽ മൗനമാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ സന്യാസ സങ്കല്പം എടുക്കുമ്പോൾ ശരീരം പ്രേതമാണെന്ന് വെച്ചാൽ ചത്തതാണെന്ന് മറ്റേ പ്രേതമല്ല ശവമാണെന്ന് സങ്കല്പിക്കുന്നു എന്നാണ് അതുപോലെ ഒരു സങ്കല്പം വാങ്മോനവും സ്വീകരിച്ചുകൊണ്ട് മനസ്സിൽ ഈ സോഹം ഹംസ എന്നുള്ള മന്ത്രത്തെയോ അതിനോട് ചേരുന്ന ഭാഗങ്ങളെല്ലാം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ പോകുന്ന ജീവന്റെ ജപത്തെ ജപത്തിൽ അതേ മനസ്സിന് ഏകാഗ്രപ്പെടുക അതിനെ ശ്രദ്ധിക്കുക അത് രണ്ടും ഏകീഭൂതമാകുന്നതുവരെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരാൾ ഴിഞ്ഞാൽ ഇത് സഹജയോഗം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ആസനം വിധികളൊന്നുമില്ല കാരണം ഇത് പൂർണമായും മനസ്സിൻ്റെ ഇതാണ് പിന്നെ ആസനം പറയുന്നതന്നെ ഉറക്കം വരാതിരിക്കാനാണ് അത് ശരിക്കും ഉറങ്ങിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഉറക്കം വരത്തില്ല നമ്മളീ ധ്യാനിക്കായിരിക്കുമ്പോൾ ഉറക്കം വരുന്നത് ഉറക്കം ബാക്കി കിടക്കുന്നുണ്ടാവും അപ്പൊ ശരിക്കുറങ്ങിട്ട് ചെയ്ത ഉറക്കമെന്ന് പറയുന്ന പ്രശ്നം ഒഴിവാക്കും നിരഭാഷികാരനും പറയും ഈ ആസനം ഇതൊക്കെ പറയുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടെന്നാണ് അത് ശരിക്കുറങ്ങിട്ട് ചെയ്യുക ഇനി ഉറക്കം വന്നാലോ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്നു ചെയ്യുക എന്നാലും ദോഷമൊന്നുമില്ല പിന്നെ ഇത് സഹജമായി നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ എങ്ങനെ വേണോ സഹജയോഗം പ്രാക്ടീസ് ചെയ്യാം ഒരാൾക്ക് പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട് അതിന് ഒരു ഒരു ഉപദേശം വേണം അതോടൊരു മുഖ്യമായ കാര്യമാണ് അപ്പോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിത് പൊതുവായൊരു കാര്യം പറയുകയാണ് ഞാനിത് ഉപദേശിച്ചു തരുന്ന ഗുരുവൊന്നുമല്ല അങ്ങനെ ആരും ധരിച്ചു കളയരുത് ഭ്രമിച്ചു പോകരുത് എന്നോട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് ഇത് വലിയ രഹസ്യമൊന്നുമില്ല ഇതാ കാര്യമൊന്നുമില്ല ഇത് പറഞ്ഞ് ആകാശം ഒടിഞ്ഞ് വീഴാനെന്നും പോകുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത് അപ്പോ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയുള്ള അഭ്യാസം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുകൊണ്ട് ആർക്കും ഓരോ തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ യാതൊന്നും ഉണ്ടാകത്തില്ല കാരണം ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് വലിയ ഇതൊന്നുമല്ല എന്നാൽ മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഇതാണ് മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥതകളോടുള്ളവർ ഇതൊന്നും ചെയ്യാൻ പോയി മനസ്സുകൊണ്ടുള്ള ഒരു അഭ്യാസവും ചെയ്യാൻ പോകരുത് അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുക ബസ് പ്രശ്നം അവിടെ തരുന്നു അവർക്ക് ഉപദ്രവില്ല മറ്റുള്ളവർക്ക് ഇതിപ്പോൾ ഞാനിതൊക്കെ പറയുന്ന കേട്ടും കൊണ്ട് ഇതൊന്നും പ്രാക്ടീസ് അല്ലെങ്കിൽ നാളെ പോലെ ചെറിയ ഇതുള്ള ഒരു ആൾക്കാർ ഉപദേശിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് പക്ഷെ സ്വയം ഇത് ചെയ്തതെന്ന് നോക്കത്തില്ല പക്ഷെ ആചാര്യനാകും ഗുരുവാകും എന്നാൽ ഇതൊക്കെ ചെയ്യുന്നു അതൊക്കെ ആൾക്കാർക്ക് ദോഷം ചെയ്യും അത് നമ്മള് സ്വയം പ്രാക്ടീസ് ചെയ്ത് മനസിന്റെ ആ ലയം ഒക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിചയിച്ച് അതിന് ശേഷം മാത്രമേ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവും ഒരു ഉപാസന പദ്ധതി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കാവും അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നം നമുക്കുണ്ടാവത്തില്ല പിന്നെ സാധാരണഗതിയിൽ പറയത്തില്ല ചെറിയ ഓളം വട്ടലൊക്കെ ഉള്ളവരാണ് ഇതൊക്കെ മറ്റുള്ളവർ പറയാൻ പോകുന്നത് അതൊക്കെ പിന്നെ പ്രശ്നമാണ് പ്രശ്നത്തോട് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇത്തരം പദ്ധതികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് ഒരാൾ ഈ പറയുന്ന സന്യാസത്തോടുകൂടി മറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വ്യവഹാരങ്ങളും ഒഴിവാക്കിയിട്ട് വാങ് മൗനം വരെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും ഒഴിവാക്കുക അങ്ങനെയല്ല മനസ്സിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് പോകത്തില്ല എന്നാൽ തൽക്കാലത്തേക്കെങ്കിലും നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന ഭാരങ്ങളെയെല്ലാം ഒഴിവാക്കിയിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അനുഭവസ്ഥരായ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഒരു ദിവസം കൂടി പക്ഷെ ഇത് ഉപാസനാ പദ്ധതിയാണ് അദ്വൈതത്തിൽ അതിന് അത്രയ്ക്കുള്ള പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ ആർക്കാണോ വ്യക്തമായ തത്വബോധമുള്ളത് അങ്ങനെ ഒരു ആളിന് ഇതിൻ്റെ ആവശ്യമില്ല അതുകൂടെ മനസ്സിലാകും അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൻ്റെ ലയമോ സമാധിയോ അങ്ങനെ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഇരിക്കണമെന്നോ അങ്ങനെയുള്ള ദൗത്യങ്ങളൊന്നുമില്ല കാരണം എന്തുകൊണ്ട് ഈ സംഗതികളൊക്കെ അറിയാവുന്നുണ്ടെങ്കിലും അയാൾ കൃതകൃത്യനാണ് മറ്റേത് വേറെ ഏതൊരു കർമ്മം പോലെയുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടി അതങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല പിന്നെ സന്യാസത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനമുണ്ട് സന്യാസം എന്ന് പറയുന്നത് ജീവൻ മുക്തിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ജീവൻ മുക്തിക്കെന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങളെ ഉണ്ടാക്കും കുറച്ച് വ്യാകുലതകളുണ്ടാക്കും ഞാൻ അസംഗനാണ് അതാണ് ഇതാണെന്നൊക്കെ മറ്റുള്ളവരെടുത്ത് പറഞ്ഞാലും സ്വയം മനസ്സിലാക്കാൻ പറ്റും കുറെയൊക്കെ സംഘമൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാകും അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരില്ല ഓരോരുത്തരുടെ മനസ്സാണ് പരോപദേശ പാണ്ഡിറ്റ് മറ്റുള്ളവർക്ക് കാര്യം പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ കാര്യം വരുമ്പോഴോ അത് സീക്രട്ടാണ് അതാരും അറിയുന്നില്ലല്ലോ അപ്പം ഇത് പൊതുവായുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ തനിക്ക് തന്നെ തന്നെ പലപ്പോഴും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ പറയുന്നു സന്യാസി എല്ലാം ഉപേക്ഷിക്കുക ആരെ പോലെ രാജ്ഞമക്കൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഭാര്യ ചോദിക്കുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്നാണ് പോകുമ്പോൾ എവിടെ പോയാലും കൊള്ളാം എനിക്കുള്ളത് മറ്റേ ഭാര്യ പറയുന്ന അതല്ല എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയണം രണ്ടും കുരിശാണ് അപ്പൊ പിന്നെ ഇത് രണ്ടു ഉപേക്ഷിച്ചേ പറ്റൂ അല്ലേ ഒരാൾക്ക് എങ്ങോട്ട് പോകുന്നു എന്നറിയണം മറ്റൊരാൾക്ക് എന്ത് കിട്ടുമെന്നറിയണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോഴല്ലോ തത്വം എല്ലാം പറഞ്ഞുകൊടുത്തു അവിടെ ഇത് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ ഇത് ഒരു വിഷയം തന്നെയാണ് അപ്പൊ ഇതെല്ലാം ഇടണം എല്ലാം അപ്പോ തത്വാനും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ശാരീരിക മാനസികമായ കുറേ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മനുഷ്യനോടൊപ്പം കാണും ഏതുവരെ വെച്ചാകുന്നത് വരെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടാലേ മുക്തി സാധ്യമാകും മുക്തി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെയുള്ള മുക്തിയാണ് എന്നാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഉള്ള മുക്തി അങ്ങനെയാണെങ്കിൽ ആദ്യപടിയായിട്ട് എന്താണ് എല്ലാം ഉപേക്ഷിക്കുക അതാണ് സന്യാസം എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുക ശരി ഇങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുക ഇല്ല അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്നത് പോലെയുള്ള ധ്യാന സമ്പ്രദായങ്ങളെ സ്വീകരിച്ചുണ്ടെങ്കിൽ സാധനാ പദ്ധതികളിൽ മാത്രം മുഴുകിയിരുന്നു കൊണ്ട് സമാധിശീലിക്കുക അപ്പം അങ്ങനെ മനസ്സൊരു സമാഹായിതമായ അവസ്ഥയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ആ മനസ്സിൽ ചിന്തകളൊക്കെ കുറയും കൊതുകടിച്ച് അറിയില്ലെന്നല്ലേ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൊതുകടി പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അതായി മുക്തി ഇത് ഒരു വേഷനാണ് സന്യാസത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് അങ്ങനെയൊരു മുക്തിക്ക് വേണ്ടിയിട്ട് ഉപാസന ശീലിക്കുക എന്നുള്ളതാണ് പക്ഷേ തത്വം നിശ്ചയം എന്ന് പറയുന്നൊരു ഭാഗത്ത് വരുമ്പോൾ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നു അപ്പോ എന്നാ പിന്നെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലെ ചോദിക്കും പണ്ട് അർജുനൻ ഭഗവാനോട് ചോദിച്ചല്ലോ ഏതെങ്കിലും ഒന്ന് പറമീശ്വരേണേ വ്യാഖ്യേന ഏതെങ്കിലും ഒന്ന് പറയാം എന്ന് പറയും അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സംസ്കൃതം പറയാതെ മലയാളം പറ ഏച്ചാ മനുഷ്യന്റെ പല മനസ്സ് പലതാണ് രണ്ടും നിഷെന്ന് വെച്ചാൽ രണ്ടു മനസ്സാണ് ലോകത്തിൽ രണ്ടെല്ലാം കൂടുതലുണ്ട് രണ്ടെന്ന് പൊതുവേ പറഞ്ഞു തന്നെയുള്ളൂ ഓരോ മനസ്സിനും ഓരോന്നാണ് പറ്റിയത് നിങ്ങളുടെ മനസ്സിന് സമാധിയാണ് നിങ്ങളുടെ മനസ്സ് അതിൻ്റെ പിറകെയാണ് പോകുന്നതെങ്കിൽ അത് കൂടിയേ തീരൂ അപ്പം അത് ആ ജീവന്റെ മനസ്സിൻ്റെ ഗ്യതിക്കനുസരിച്ചാണ് ഇതെല്ലാം പഴയ ആചാര്യന്മാരും ഭഗവാനും എല്ലാം പറഞ്ഞു ചിലർക്ക് അങ്ങനെയല്ല അവരുടെ മനസ്സ് പോകുന്നത് തത്വജ്ഞാനത്തിൻ്റെ പിറകെയാണ് അവിടെ ചിലരുടെ മനസ്സ് പോകുന്നത് തന്ത്രത്തിൻ്റെ പിറകെയാണ് ചിലട് പോകുന്നത് മന്ത്രത്തിന്റെ പുറകെയാണ് ചിലർ പോകുന്ന കർമ്മത്തിന്റെ പുറകെയാണ് ഇതെല്ലാം പോകുന്ന മനസ്സാണോ ജീവന സംസാരത്തിലേക്ക് ബന്ധിച്ചിരിക്കുന്ന ആ മനസ്സ് അപ്പം മനസ്സിനനുസരിച്ചാണ് ഉപാസനകളും പദ്ധതികളും വരുന്നത് അപ്പൊ ചില മനസ്സങ്ങനെയാണ് സംസ്കാരമാണെന്ന് പറയുന്നു യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നത് എന്താണോ സംസ്കാരം കൊണ്ടാണ് മനസ്സങ്ങനെ സമാധിയിലേക്ക് പോകുന്നു അപ്പോൾ അവർക്ക് പിന്നെ വേറൊന്നും അവർക്ക് തൃപ്തി കൊടുക്കത്തില്ല ചിലർക്ക് ഭക്തി മതി ഒന്നും വേണ്ട വേറൊന്നും അവർക്ക് അങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കത്തേയില്ല എന്തുകൊണ്ട് അവരുടെ മനസ്സതാണ് അപ്പം അവനെന്തുകൊണ്ട് തത്വജ്ഞാനത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല അവരുടെ മനസ്സതാണ് ചിലർക്ക് തത്വജ്ഞാനം മതി ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ശ്രദ്ധേ അവരുടെ മനസ്സാണ് ഇതെല്ലാം മനസ്സാണ് പൊതുവായി പറയുന്ന സംസ്കാരം അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് വേണ്ടി ഈ അദ്വൈതത്തിൽ തന്നെ ഇത്തരം ഉപാസനകളും അതിൻ്റെ പ്രയോജനങ്ങളും എല്ലാം ചർച്ച ചെയ്യും അപ്പോൾ അവിടെ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ ബാഹ്യമായ സന്യാസം മാത്രം പോരാ മനസ്സുകൊണ്ട് ഞാൻ അസംഘാസ്ത്രയു ദടേണ് ചിത്വാ എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെയോ സമാധി തന്നെ ഇരിക്കുന്നു പ്രപഞ്ചവിസ്മരണത്തിലിരിക്കണമെന്ന് പറയും പ്രപഞ്ചവിസ്മരണത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷസുഖമൊക്കെ ഉണ്ടാവണമല്ലോ ആനന്ദം ഉണ്ടാകുമല്ലോ നമ്മളീ പ്രപഞ്ചത്തൊക്കെ പൂർണമായും വിട്ടിട്ട് സുഷുതിയിലിരിക്കുമ്പോൾ എന്താ ഏറ്റവും വലിയ സ്വാസ്ഥ്യമല്ല അവിടെ അനുഭവിക്കുന്നു അതുപോലെ അങ്ങനെ ഇരിക്കുന്നതാണ് ജീവൻ മുക്തി എന്നു പറയുമ്പോൾ അവിടെ ഈ പദ്ധതികൾ പറയും അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് മറന്നുപോയാരെങ്കിലും പല ചോദ്യം ചോദിച്ചല്ലേ സോറി അതായത് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു ഉപാസനയിൽ സ്ഥിരം ഇരുന്നുകൂടാ അങ്ങനെ സമാധിയില്ലെങ്കിൽ എന്നാൽ പോരേ ഒന്ന് അതിന് കഴിയുമോ എന്നുള്ള കാര്യം രണ്ടാമത് നിങ്ങളുടെ മനസ്സെങ്ങനെയെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിന് അതിന് താൽപ്പര്യം അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തു ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തതിലേക്ക് പോകും എന്താണത് എന്താണ് എന്താ ഇപ്പഴും നിങ്ങൾ അറയ്ക്കുന്നത് ധൈര്യമാ വേണ്ടേ ധൈര്യം എന്ന് പറഞ്ഞ ഇത് വേണ്ടെന്ന് പറഞ്ഞു സമാധിയും വേണ്ട വിലക്ഷണമായ ജീവൻ മുക്തിയുടെ ആനന്ദവും വേണ്ട പിന്നെ എന്താ മറുവശത്ത് എന്താണ് ഒറ്റ ബാക്കി മറ്റു നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ഇതിൻ്റെ മറുവശം എന്ന് പറയുമ്പോൾ ആ മറുപടിയാണ് വരേണ്ടത് കൃത്യമായ മറുപടി കൃതകൃത്യത എന്ന് പറഞ്ഞാൽ എല്ലാം കൃത് കൃത്യമായിരിക്കുന്നു കൃതകൃത്യത എന്ന് പറയുമ്പോൾ തീർന്നുവെല്ലാം ഭാഷകാരൻ നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ പിന്നെ ഇതിനൊന്നും അതാണ് മുക്തി അതാണ് ആനന്ദം അതാണ് സംസാര എന്നു വൃത്തി അതിന് രണ്ടു വശം അതാണ് പറയുന്നത് ദൃഢബോധന് ഇത്തരം ഒരു പദ്ധതി ഇതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല നമ്മൾ എന്താണ് നമ്മുടെ ഒരു ലീനിയർ തിങ്കിങ്ങാണ് എപ്പോഴും ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിട്ടാ വഴിക്ക് തന്നെ എങ്ങനെ പോകും നമ്മുടെ മനസ്സിനുള്ള വ്യാപ്തിയില്ല മറ്റു വശങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല മറ്റു വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമ്മളെ പ്രാപ്തി നമ്മുടെ മനസ്സാണ് അതും മനസ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സന്യാസം രണ്ടിനുമാകാം എന്താണ് മറ്റ് ബന്ധിക്കുന്ന കർമ്മങ്ങളെല്ലാം കാമ്യ നിഷിബ്ദങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ചെയ്ത് ചെയ്യാൻ കാമ്യനിഷിദ്ധങ്ങൾ ഇന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല പിന്നെ ഇന്ന് കാമ്യനിഷിദ്ധങ്ങളില്ല എന്ന് പറയും മനസ്സിൽ കാമനകളില്ലാതെ മനസ്സിൽ വിപരീത ബുദ്ധി ഇല്ലാതെ എന്നുള്ളൊരു അർത്ഥം എടുക്കാൻ പറ്റുമോ അല്ലാതെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാമ്യ നിഷിദ്ധോ വ്യാഖ്യാനിക്കാൻ പോയ ഇന്നത്തെ ജീവിതമായിട്ടാണ് യാതൊരു ബന്ധുവില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടതായി വരുന്ന കർമ്മങ്ങൾ ചെയ്ത് സന്യാസത്തിലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം പറഞ്ഞത് സന്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്താണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കർമ്മയോഗമാണ് അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ ഓരോരുത്തരും എന്താണ് ഞാൻ ഇന്ന പരമ്പരയിലെന്താണ് സർവകർമ്മ സന്യാസിയാണ് എന്നെല്ലാം വെറുതഭിമാനിക്ക് മിഥ്യാജ്ഞാനം കൊണ്ട് അത് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വൈരാഗ്യത്തെയൊക്കെ പ്രദർശിപ്പിച്ച് ഒറ്റമുണ്ടാക്ക കൊടുത്ത് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അനുകരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെല്ലാവരും നമ്മളൊക്കെയാണ് വേറൊന്നും ആയി മാറുന്നില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്നലെ വരെ താൻ എന്തായിരുന്നു അത് തന്നെ ഇന്നും ഒരേ ഒരു വ്യത്യാസം ചുവപ്പും മഞ്ഞ ഇതൊക്കെ ഉള്ളു യൂണിഫോം മാറി അല്ലാതെ ആ ശരിയാണ് ചായ കുടിച്ചപ്പോൾ ഉന്മേഷം തോന്നി അതും കളഞ്ഞു അവിടെ കിടന്ന് കരഞ്ഞ അതും കളഞ്ഞു ഇല്ലെങ്കിൽ ആ ഒരു ഉന്മേഷം എങ്ങനെ കിട്ടി ഇന്നലെ വിളിച്ച് അതും കളഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ എന്താരും ആൾക്കാരൊന്നും പോകുന്നു തൊഴുകയും ബഹുമാനിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്തോ ആണെന്നൊന്നും ആരും ധരിച്ചു കളയരുത് പ്രത്യേകിച്ചും മഠാധിപതിമാരങ്ങൾ അതൊന്നും കാര്യമില്ല നമ്മളെല്ലാവരും പഴയ ആൾക്കാർ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ കടന്നു കടന്നു പിന്നെ ആ ജീവന് അതിലൊരു നല്ല ഗതി ഉണ്ടാകണമെന്ന് ആശിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുണ്ടാകേണ്ടതാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക മാത്രമേ അപ്പോൾ സന്യാസ ദീക്ഷയെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകം പറയുന്നത് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു ഇതിൽ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ മനസ്സിലാക്കുക അവസരം കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അതിൽ സന്യാസ നിഷ്ഠയിൽ പിന്നെ വേറൊരു കാര്യങ്ങളെ ആ എന്ന് പറഞ്ഞു നിങ്ങള് ഒരു ചോദ്യം നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ചുകൂടി പറയണോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ സന്യാസധർമ്മത്തിന്റെ കാര്യത്തിൽ സന്യാസധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിൽ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിവും സന്യാസവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യവും എന്ന് പറയുന്നത് സന്യാസം തന്നെ അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയും കാവ്യപത്രം തന്നെ അവിടുക്കുന്നു ബാഹ്യമായിട്ട് പിന്നെ അവര് ശിഖയും യജ്ഞോവീദും ധരിക്കുന്നു ദണ്ഡി സന്യാസിമാരത് മാറ്റിവെക്കുന്നു ഇത്ര വ്യത്യാസവും അവരുടെ ഉണ്ടത് ഇവരുടെയിലും ഉണ്ടത് അതുകൊണ്ട് രണ്ടു പേർക്കുള്ള പ്രയോജനം ഒന്നു തന്നെ എന്താണ് അത്യാവശ്യം വേണ്ടുന്ന നിത്യകർമ്മങ്ങളും ദേവത ഉപാസനയും എല്ലാം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ അവർക്ക് നിർവഹിച്ചു പോകണം ഇനി അതും വേണ്ട അത്തരം ഉപാസനകൾ ഒന്നും വേണ്ടെന്ന് വന്നാൽ അവർക്ക് കേവലം ഔപചാരികമായി സന്യാസ സ്വീകരിക്കുക സന്യാസ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് മൂല്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടുപേരും പാലിക്കേണ്ട ബ്രഹ്മചര്യം അഹിംസ സത്യം മസ്തം തുടങ്ങിയ എന്താണ് അദ്ധ്യേഷ്ട്രവഭൂതാനം അമാനിത്വം അതമ്പിത്വം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലെന്ന് യാതൊരു വ്യത്യാസവും അതുകൊണ്ട് ബ്രഹ്മചാരികള് ആ നിഷ്ഠയുടെ കാര്യത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരികൾ ഒരിക്കലും ഒരിക്കലും ചിന്തിക്കരുത് സന്യാസിമാരും ചിന്തിക്കരുത് എന്താണ് അവർ ഞങ്ങളെക്കാളും കുറച്ച് ഒരു രണ്ട് പടി താന്നതാണ് ഞങ്ങൾ അവരെക്കാളും ഒരു നാല് സ്റ്റെപ്പ് മേളിലാണെന്നൊന്നും ചിന്തിക്കരുത് രണ്ടുപേരും ഒരേ വ്രതത്തിൽ തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം അതിന് യാതൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയത്തില്ല രണ്ടുപേർക്കും ഒരേ പരിഗണന തന്നെയാണ് പലരും ജീവിതാവസാനം വരെ ഒരുപാട് ആൾക്കാരുണ്ട് അവർ സന്യാസമെന്ന് പറഞ്ഞു സ്വീകരിക്കുന്നുണ്ട് അവർ അതിൻ്റെ ആവശ്യം പിന്നെ ഈ വ്യത്യാസം വരുന്നത് എവിടെ ഏ നമ്മളെപ്പോഴാണോ ഗുരുകുലത്തിൽ ചെന്ന് വേദാധ്യയനത്തിന് വേണ്ടി വടന്ന് സ്വീകരിക്കുന്നത് ആ ബ്രഹ്മചാരി എന്ന് പറയുന്നത് സാധാരണ അത് വേറെയാണോ കാരണം അവരുടെ മുമ്പിൽ അവർക്ക് എങ്ങോട്ടേണോ തിരിഞ്ഞു പോകാം റഷ്യ ബ്രഹ്മചാരിക്കാനുള്ള അവകാശമില്ല സന്യാസി പോലെ തന്നെ സന്യാസി അവരുടെ ധർമ്മത്തെ നിന്ന് പതിച്ചു പോയാൽ ത്യജിക്കുക പറയത്തില്ല കാരണം ഈ ലോകത്ത് ത്യജിക്കാൻ പോയാത്തൊരു കാര്യമേ ഉള്ളൂ എന്താണ് സന്യാസം ത്യജിക്കാൻ പറ്റത്തില്ല പതിക്കാമതി നൈഷ്ഠിക ബ്രഹ്മചാരിക്കും പതന് സംഭവിക്കാം അങ്ങനെ പതന് സംഭവിച്ചു കഴിഞ്ഞാൽ ആസ്തികന്മാർക്ക് എന്തെല്ലാം പ്രായചിത്തങ്ങൾ വിധിക്കുന്നു അത് രണ്ടു കൂട്ടർക്ക് ഒരുപോലെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിക്കും സന്യാസിക്കും എന്താ പ്രാണായാമം ചെയ്യുക കൃത്രി ഇതൊക്കെയാണ് തുടങ്ങിയ ഇത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യം അപ്പോ സന്യാസത്തിന് സന്യാസധർമ്മത്തിൽ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങളെ ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇനി ഒന്നുകൂടി ഒന്ന് നേരത്തെ പറഞ്ഞെന്താണ് ഗുരുവാജ്ഞാം ഗുരുവിന്റെ ആജ്ഞയെ പാലിക്കുക ഒന്ന് സന്യാസിയെക്കുറിച്ച് സന്യാസ ദീക്ഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അല്ല ഞാൻ പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല എല്ലാം ശാസ്ത്രവിധിയനുസരിച്ച് മാത്രമേ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ അതുകൂടെ ഉണ്ട് കേട്ടോ രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് മറ്റൊന്ന് രണ്ടാമെന്ന് പറയുന്ന ഗുരുശുശ്രൂഷ ഗുരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് രണ്ടർത്ഥത്തിനുമാണ് ഏതൊക്കെയാണ് എപ്പോഴും ശുശ്രൂഷക്ക് രണ്ടർത്ഥമുണ്ട് ആ അത് തന്നെ കേൾക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കേൾക്കുക ആഗ്രഹം മതിയോ ആഗ്രഹിച്ചിട്ട് കേൾക്കാതിരുന്ന ഒന്ന് ഗുരുവിൽ നിന്ന് കേൾക്കുക ഗുരുവിന് വേണ്ട സേവ ചെയ്യുക രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് ഗുരു ശുശ്രൂഷ മറ്റൊന്ന് ഗുരുവിന്റെ ആജ്ഞകളെല്ലാം പാലിക്കുക അതാണ് പറയുന്നത് എന്താണ് തേ ചിത്തം ഏകവ്രത മമചിത്തം സേവസ്വ അതുപോലെ തന്നെ വാക്ക് ചിത്തത്തെ കുറിച്ച് പറയുന്നു അത് രണ്ട് ക്രിയാപദങ്ങൾ പറയുന്നേ ഉള്ളു ഏകവ്രത വാചം സേവസ്വ എന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് അങ്ങനെ ഒരു നിഷ്ഠയിൽ സന്യാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ആ സന്യാസ ജീവിതത്തിൽ സംഭവിക്കാമെന്നുള്ള ഒരു സാധ്യത ഉണ്ട് അത് നിഷേധിക്കാൻ പറ്റത്തില്ല സംഭവിക്കാം എന്നുള്ള ആ പതനങ്ങളെല്ലാം ഒഴിവാക്കാം തനിക്ക് മുകളിൽ മുകളിൽ ഒരാളുണ്ട് എന്നുള്ള ചിന്ത അതുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്രഹ്മചാരിമാരായാലും ശരി അത് വെളുത്തയായാലും മഞ്ഞയായാലും ചുവപ്പായാലും ഇനി ഇതൊന്നുമല്ലെങ്കിലും എല്ലാവർക്കും ഇതെല്ലാം ഒരുപോലെ ബാധകമായ കാര്യങ്ങളാണ് 嗯 mm.